അദ്ദേഹത്തിന്റെ ജലത് നൽകിയ മറുപടി അവനെ കൊല്ലുക അല്ലെങ്കിൽ ചുട്ടുകളയുക എന്നു പറഞ്ഞതല്ലാതെ മറ്റൊന്നുമല്ലായിരുന്നു എന്നാൽ അള്ളാഹുസുബഹാനുഭൂവത്തായാല അദ്ദേഹത്തെ തീയിൽ നിന്ന് രക്ഷിച്ചു തീർച്ചയായും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്